ഓ വിശ്വാസികളെ മനുഷ്യരും കല്ലുകളും ഇന്ധനമായ ക്രൂരരും ശക്തരുമായ മലക്കുകൾ കാവൽ നിൽക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷിക്കുക അവർ അള്ളാഹു സുഹാനഹൂവത്താള കൽപ്പിച്ച കാര്യങ്ങളിൽ അവനെ ധിഖരിക്കുകയില്ല അവർക്കു കൽപ്പിക്കപ്പെട്ടത് അവർ പ്രവർത്തിക്കുകയും ചെയ്യും